സൂത്രസംഗ അദ്ദേഹം നാല് പാദം മൂന്ന് അദ്ദേഹം അഞ്ച് സൂത്രം പതിനാല് ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി പ്രളയം ഇതിന് ഹേതു ഈശ്വരനാണ് അങ്ങനെ ഈശ്വരൻ ഇതിന് ഹേതു സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ വിശേഷതകൾ ഉണ്ടാവണം അദ്വൈതത്തെ സംബന്ധിച്ച് ഈശ്വരൻ എന്നു പറയുന്നത് ജീവൻ എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതുമെല്ലാം പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ വ്യത്യാസമുണ്ട് പരമാർത്ഥത്തിൽ എന്നുള്ളത് അടിവരായിട്ട് ൊന്നെന്ന് പറ എന്നാലും ജീവനെ അജ്ഞനായി സ്വീകരിക്കുന്ന ഉപാധിയുണ്ട് ഈശ്വരനെ സർവജ്ഞനായി സ്വീകരിക്കുന്നത് ഉപാധിയുണ്ട് ഈ ഉപാധികളെയൊക്കെ നിഷേധിച്ചിട്ടാണ് പറയുന്നത് പരമാർത്ഥത്തിൽ ഏകമാണോ ഉപാധികൾ അംഗീകരിച്ചു കൊണ്ടല്ല അത് ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് സ്ഥിതി പ്രളയ ഹേതുവശൃ അനേക ശക്തിത്വം ബ്രഹ്മണീതി ചെയ്തു നിഷേധിച്ചു ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അദ്വൈതത്തിൽ തന്നെ അനുഭവത്തിനും യുക്തിക്കും യോജിച്ചു പോകുന്ന സിദ്ധാന്തങ്ങളുമുണ്ട് കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സിദ്ധാന്തങ്ങളുമുണ്ട് രണ്ടും അദ്വൈതത്തിലുണ്ട് ഇപ്പം കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പോകുന്നുശ്വസിക്കുന്നു വേദം ഈശ്വരൻ പറഞ്ഞതാണ് ഒരു വിശ്വാസമാണ് കേ അദ്വൈതികൾ വിശ്വസിക്കുന്നു പലരും വിശ്വസിക്കുന്നു അത് വിശ്വാസ സിദ്ധാന്തങ്ങളാണ് അത് അങ്ങനെയല്ല വേറെ വഴിയില്ല അതുപോലെ ജീവന്റെ കർമ്മഗതി പൂർവജന്മം അതിൽ നിന്നാണ് ഈ ജന്മം ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം വിശ്വാസ സിദ്ധാന്തമോ എന്നുവെച്ചാൽ അനുഭവത്തിലൂടെയും യുക്തിയിലൂടെയും തെളിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതെല്ലാം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു അദ്ദേഹത്തിൽ പറയുന്നത് പ്രമാണത്തെ ആശ്രയിച്ച് സ്വീകരിക്കുന്നു പ്രമാണം എന്ന് പറഞ്ഞാൽ ശ്രുതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേദത്തിലുണ്ട് വേദത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങള് വേദത്തെ വ്യാഖ്യാനിച്ച് ിക്കുന്നു വേദത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വേദത്തിലില്ലെന്നും പറയും പറയാം അതെല്ലാം വേദത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് പല ആചാര്യന്മാർക്ക് പല അഭിപ്രായം വരുന്നത് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുക അതീശ്വരപ്രോക്തമൊന്ന് സ്വീകരിക്കുക ഇതെല്ലാം വിശ്വാസമാണ് ഇതിനെല്ലാം വിശ്വാസ സിദ്ധാന്തം എന്ന് പറയേണ്ടി വരും ഇതല്ല അദ്വൈതത്തിന്റെ ഭാഗമാണ് അദ്വൈതമെന്ന് പറയുമ്പോൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് മാത്രമല്ല അത് വളരെ വിപുലമായ ആശയഗതികൾ ഉൾക്കൊള്ളുന്ന ഒരു സിദ്ധാന്തമാണ് അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ വിശ്വാസത്തെ അനുസരിച്ചൊരു കാര്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തെ ഒരാളുടെ വിശ്വാസത്തെ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമൊന്നുമില്ല അതുകൊണ്ട് വിശ്വാസ അധിഷ്ഠിതമായ സിദ്ധാന്തങ്ങളും നിലനിൽക്കും ഇതെല്ലാ ദർശനങ്ങളിലും ഉണ്ട് അതുകൊണ്ട് കർമ്മസിദ്ധാന്തമായാലും ീ പറയുന്ന മറ്റു കാര്യങ്ങളായാലും ശരി എല്ലാം വിശ്വാ വിശ്വാസത്തിലാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ കർമ്മസിദ്ധാന്തം വിശ്വാസം എന്ന് പറഞ്ഞു അതെങ്ങനെ പറയാൻ പറ്റും എന്നാൽ പത്രത്തിൽ വായിച്ചുള്ളൂ ഒരാൾ മരിച്ചിട്ട് ജനിച്ചത് അല്ലെങ്കിൽ ഏതോ ഒരു സിദ്ധം പറഞ്ഞു എനിക്ക് പൂർവ്വജന്മം കൃത്യമായിട്ടറിയാം അപ്പോൾ ഇത് അനുഭവം പ്രമാണമാണല്ലോ അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അത് സാർവജനീനമായിരിക്കണം അങ്ങനെയുള്ള അനുഭവങ്ങളെ പ്രമാണമായി അങ്ങനെയുള്ള അനുഭവങ്ങളെ സ്വീകരി അനുഭവമായി സ്വീകരിക്കാൻ പറ്റും ഒരാൾക്കുണ്ട് ഒരാൾക്ക് ഇല്ല എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ യുക്തിക്ക് അധിഷ്ഠിത യുക്തിക്ക് ആധാരമായ അനുഭവമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എനിക്കും അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ യുക്തിക്ക് അനുഭവമായി സ്വീകരിക്കാൻ പറ്റൂ അപ്പം അദ്വിതത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലിപ്പോഴും ചിലരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതിന് സമാനം പറയണല്ലോ ഭാഷകാരൻ അത് ഭാഷ്യകാരന്റെ അദ്വൈതമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാകുന്നു ഭാഷ്യകാരൻ അദ്വൈതത്തെ സമർപ്പിച്ചിരിക്കുന്നത് കേവലം തന്റെ അനുഭവത്തെ ആധാരമാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുദ്ധന്മാരുടെ അനുഭവത്തെ ആധാരമാക്കിയോ അല്ല ഇത്തരം വിഷയങ്ങൾ ഒഴികെ അത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നു അതിനീകരിച്ചു പോകും അനുഭവത്തിലേക്ക് വരുമ്പോൾ സർവ്വ അനുഭവസിദ്ധമായ കാര്യങ്ങൾ വിഷയങ്ങൾ അതിനനുസരിച്ചിട്ടാണ് അദ്വൈതത്തെ സമർപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അവിടെ എല്ലാരങ്ങനെ പറഞ്ഞു മറ്റേ ആളിങ്ങനെ പറഞ്ഞു ഇന്ന സ്വാമിക്ക് ഇന്നതാണ് അനുഭവം അതൊന്നും അവിടെ വിഷയമല്ല അതുകൊണ്ടാണ് ഭാഷകാർ അദ്വീതത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗത്തും ഭാഷ്യത്തിൽ ഒരിടത്തും തന്നെ സ്വന്തം അനുഭവത്തെ ഒരു പ്രമാണമായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത് പണ്ഡിതനും പാമരനും എല്ലാവർക്കുമുള്ള അനുഭവങ്ങളെ മാത്രമേ അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിനുള്ള അനുഭവമായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ പിന്നെ ഭാഷ്യമല്ലാതെയും ഒരുപാട് അദ്വൈത ഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ പറയും അതിൽ നിന്നും നമ്മളിവിടെ ഭാഷ്യം ചർച്ച ചെയ്യുമ്പോൾ എടുക്കാൻ പാടില്ല കാര്യമില്ല അനുഭവത്തെ പ്രമാണമാക്കുന്ന സിദ്ധാന്തങ്ങൾ ഒരുപാടുണ്ട് ഗുരു പറയണ എനിക്കിതാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ശിഷ്യൻ അത് പ്രമാണമായി സ്വീകരിക്കും കാരണം എന്തുകൊണ്ട് ഗുരുവിനെ വിശ്വസിക്കുന്നു ഗുരുവിനെ ശിഷ്യൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഗുരുവിൻ്റെ അനുഭവത്തെ ശിഷ്യൻ പ്രമാണമായി സ്വീകരിക്കും അതല്ല ഭാഷകാരൻ്റെ ശൈലി തൻ്റെ അനുഭവത്തെ ആരുടെ മേലും ആരോടും വിശ്വസിക്കാൻ പറയുന്നില്ല ഇനി അനുഭവങ്ങളുടെ കാര്യം വരുമ്പോൾ തന്നെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളുടെ കാര്യം വരുമ്പോൾ ഭാഷകാരൻ എന്താ പറയുന്നു എന്താ പറയുന്നു ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് അനുഭവമുണ്ട് എന്നേ പറയുന്നു മന്ത്രവാദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഷകാരൻ എന്ത് പറയും ചില മന്ത്രവാദികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയാറ് അല്ല തന്റെ മന്ത്രവാദത്തെക്കുറിച്ച് ും പറയാറില്ല പിന്നെ നമ്മൾ കേട്ടിരിക്കുന്ന എല്ലാം എന്താണ് കഥയിലെ ശങ്കരാചാര്യുള്ള കാര്യങ്ങളാണ് അത് കഥയിലെ രാജകുമാരനും രാജകുമാരിയും പോലെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കഥയെല്ലാം അങ്ങനെയാണ് കഥ കഥയാണ് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് എന്തെല്ലാം കഥ പറയുന്നു അവർ പോലും അറിയാത്ത കഥകൾ പിന്നെയാണോ പഴയ കാലത്തുള്ള ആൾക്കാരെ കുറിച്ച് അപ്പോൾ കഥ മിനഞ്ഞെടുക്കുകയും കഥ പറയുകയും ചെയ്യുന്നതിൽ സുഖം കിട്ടുന്ന ആൾക്കാരുണ്ട് അവര് കഥകൾ പറയും അത് പ്രാമാണികമല്ല അവര് മനസ്സിന്റെ വിനോദമാണ് അർഹതിന് സന്തോഷം കൊടുക്കുന്നുള്ളത് ആയിക്കോട്ടെ അപ്പൊ അതൊന്നും തത്വചിന്തയിലേക്ക് വരുമ്പം തത്വചിന്ത എന്ന് പറയുമ്പോൾ പരമാർത്ഥ ചിന്തയാണ് അവിടെ അതിനൊന്നും യാതൊരു പ്രസക്തി ഭക്ഷുകാരന്റെ അദ്വൈതത്വം സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഭവമായി സ്വീകരിച്ചിരിക്കുന്ന എന്തിനാണ് എന്ത അനുഭവത്തെ അസ്വീകരിച്ചിരിക്കുന്നു ഏ ശരി സമ്മതിച്ചു എന്തനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ഭാഷകാരൻ അദ്വൈതത്തെ സമ്മർദ്ദിക്കുന്നത് അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ശരിക്കും നിങ്ങളെഴുന്നേപ്പിച്ച് നിർത്തേണ്ടാണ് ഉത്തരം പറയുന്നത് വരെ ഏ കേട്ടില്ല അത് തന്നെ എന്ത് അനുഭവം എല്ലാര്ക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഏ പ്രത്യക്ഷാനുഭവം എന്താ അനുഭവം എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷാനുഭവം എന്നാണ് എന്തിനെ അനുഭവം ഏ എന്താണ് പറഞ്ഞത് ഇവിടെ ആരും എന്തോ പറഞ്ഞല്ലോ ഒരു ചെറിയ ശബ്ദം കേട്ട് ഏ സത് അത് സത് അതാണ് സത്തെന്ന് പറയുന്ന സത്തയെക്കുറിച്ചുള്ള അനുഭവം സത്തയെ പലതരത്തിൽ പലരും നമ്മുടെ ദാർശനന്മാർ തന്നെ പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കും അത് വേറെ കാര്യം പ്രധാനമായും ഭാഷകാരം അദ്വൈതത്തെ സമ്മർദ്ദിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് സത്തിനെ സംബന്ധിച്ചുള്ള ജീവൻ്റെ അനുഭവമാണ് പിന്നെന്താ പിന്നെ എന്ത് അനുഭവമാണോ സുഹൃത്തിയെ ഒരു ദൃഷ്ടാന്തമായി സ്വീകരിച്ചു അത് ശരി വേറെ എന്ത് അനുഭവമാണോ അറിവ് ഇത് രണ്ടുമാണ് പ്രധാനമായി സ്വീകരിച്ചിരിക്കുന്നത് സത്ത് ചിത്ത് റിയാം പക്ഷെ അരണ്യയുടെ ബുദ്ധിയാ സമയത്തോർന്നു വരത്തില്ല മറന്നു പോകും ഈ സത്ത് എന്ന് പറയുന്ന രണ്ട് ചിത്ത് ചിത്ത് എന്ന് പറയുന്ന ഈ പ്രധാനമായി രണ്ട് അനുഭവങ്ങൾ ആനന്ദത്തെയും സ്വീകരിക്കുന്നുണ്ട് അതു പിന്നെ അതിൻ്റെ നമ്മൾ ധരിക്കുന്ന ആനന്ദമല്ല അത് പിന്നെ വിശദീകരിക്കേണ്ടി വരും അപ്പൊ ഈ സത് അറിവ് സച്ചിതാനന്ദരം സദൈവസ്വാമീതമംഗ്ല എത്രയോ സ്ഥലത്ത് ഇത് വിശദമായി ചർച്ച ചെയ്താണ് ഈ അനുഭവം എന്ന് പറയുന്നത് അനുഭവത്തെ തന്നെയാണ് നമ്മളറിവെന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അനുഭവമുണ്ട ഏതെങ്കിലും സിദ്ധന്റെ അനുഭവം ഉണ്ടോ വിനെയോ സർവപ്രാണി സാധാരണമായിട്ടുള്ള ഒരു അനുഭവം ഈ അനുഭവത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇതിൻ്റെ ഭാഷക്കാരൻ്റെ വ്യാഖ്യാനങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂ ശ്രുതിയോ ശ്രുതിയെന്തിനും പ്രമാണമായി സ്വീകരിക്കുന്നു അത് ഞാൻ പറയുന്നത് വിശ്വാസം ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുമ്പോഴും ശ്രുതി എന്ന് പറയുന്നത് മനുഷ്യർ പറഞ്ഞ വാക്യങ്ങളാണ് മനുഷ്യരുച്ചരിച്ചതാണ് അത് മനുഷ്യന്റെ അനുഭവങ്ങളാണ് അവർ പറയുന്നത് മനുഷ്യനെ വാക്യങ്ങൾ ഉച്ചരിക്കാൻ പറ്റും മറ്റ് ജീവികൾക്കൊന്നും ഇതുപോലെ വാക്യങ്ങൾ ഉച്ചരിക്കാൻ പറ്റില്ല മനുഷ്യനെ പോലെ വേണമെങ്കിൽ തത്തേ മൈനെയൊക്കെ പഠിപ്പിച്ചാൽ അത് പറയും പക്ഷെ മനുഷ്യനെ പോലെ ഉച്ചരിക്കാൻ കഴിയത്തില്ല അപ്പോൾ മനുഷ്യൻ എന്ന് ഏത് കാലത്തായാലും ശരി നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്തായാലും ശരി ഇന്നായാലും ശരി നാളെ ആയാലും ശരി മനുഷ്യൻ വാചകം പ്രയോഗിക്കുമ്പോൾ അവൻ്റെ അനുഭവത്തെ വച്ചിട്ടാണ് നമ്മളിന്നനുഭവിക്കുന്നത് പോലെ തന്നെ സത്വം ചിത്തെല്ലാം പഴയ ആൾക്കാരും അനുഭവിച്ചിരുന്നു അവരും ചിലർക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചു നമ്മൾ ഇന്നെല്ലാവരും ചിന്തിക്കുന്നുള്ളൂ ഇല്ല ഭാഷകാരെ ചിന്തിച്ചു നമ്മൾ ചിന്തിക്കുന്നു അപ്പോൾ അവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും തമ്മിലൊരു വ്യത്യാസവും ഇല്ല അവർക്കും സദാനുഭവം ഉണ്ടായിരുന്നു നമുക്കും സത്തിൻ്റെ അനുഭവമുണ്ട് അവർക്കും അറിവ് ഉണ്ടായിരുന്നു നമുക്കും അറിവുണ്ടായിരുന്നു ഭാഷകാരൻ വിചാര വിശേഷിച്ച് വിചാരം ചെയ്യുന്നത് എന്താണോ ഇതെന്താണ് എന്നുള്ള കാര്യം അതിന് വേണ്ട യുക്തിയെ സ്വീകരിക്കുന്നു അപ്പം ആ യുക്തിയെ നിഷേധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് നിഷേധിക്ക പ്രയാസമാണ് സാധ്യമല്ല എന്തുകൊണ്ട് അനുഭവത്തെ തുടർന്ന് വരുന്ന വ്യക്തിയെ നിഷേധിക്കണമെങ്കിൽ എന്തിനും നിഷേധിക്കേണ്ടി വരും അനുഭവത്തെ തന്നെ നിഷേധിക്കേണ്ടി വരും എനിക്ക് സത് എന്നൊരനുഭവമില്ല എനിക്കറിവില്ല എന്നെല്ലാം പറയേണ്ടി വരും ഈ അനുഭവത്തിൻ്റെ വിശേഷതകളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഭാഷകാരൻ പറയുന്നത് എന്താണ് അത് സത്യമാണ് നിത്യമാണ് സ്വരൂപമാണ് പ്രപഞ്ചത്തിന് ആധാരമാണ് ഇത്തരം കാര്യങ്ങളാണ് സമർത്ഥിക്കുന്നത് അപ്പോൾ ആ അതെങ്ങനെ സമർത്ഥിക്കുന്നു എന്നുള്ള മനസ്സിലാകണമെങ്കിൽ നമ്മൾ അദ്വൈതം നിരന്തരമായി അനുസന്ധാനം ചെയ്താൽ അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇങ്ങനൊരു കാര്യത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുമോ സ്വാഭാവികമായിട്ട് അതിന് നിഷേധിക്കുന്നവരും വരും അതെങ്ങനെ ശരിയാകും അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് സമാനം പറയേണ്ടി വരും തൻ്റെ സിദ്ധാന്തത്തെ വിപുലീകരിക്കേണ്ടി വരും അതാണ് ഇതിനെ നിരന്തരം അനുസന്ധാനം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് ചർച്ച വളരെ വലുതായിപ്പോകും ചോദിക്കാനും ഇല്ലെങ്കിൽ പ്രശ്നമില്ല മന്ദബുദ്ധികളോടാണ് പറയുന്നതെങ്കിൽ പ്രശ്നമില്ല വിദ്വാൻമാർ അറിവുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ വിപുലമാവും അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു നിരന്തര അനുസന്ധാനം വേണമെന്ന് ഇവിടെ ഭാഷ്യകാരം സ്വീകരിച്ചിരിക്കുന്നത് അനുഭവവും ആ അനുഭവത്തിനനുസരിച്ചുള്ള വ്യക്തിമായതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഭാഷ്യകാരന് ശേഷം ആചാര്യന്മാരൊക്കെ നിഷേധിച്ചതോ എങ്ങനെയാവും നിഷേധിച്ചതോ എങ്ങനെയാ ആ അതുതന്നെ അതായത് ഭക്ഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം കേവലം അനുഭവ യുക്തിയും സമർത്ഥിക്കാൻ കഴിയില്ല ആ കാലത്ത് ആ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലെന്തു വേണം ശ്രുതി അതാണ് പ്രമാണം അനുഭവവും പ്രമാണമാണെന്ന് വാഴ്ചകാരൻ പറയുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ പറഞ്ഞു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്തു വേണം ശ്രുതി അതായത് ഇന്ന് നമുക്ക് നേരെ ഇടുന്നത് പോലെയുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മൾ അദ്വൈതം ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ അടുത്ത് പറയണമെങ്കിൽ വന്നാൽ അവരോടൻ ചോദിക്കും ഇത് ഇന്നത്തെ സയൻസുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ് അല്ലേ അവർ ചോദ്യം വരും ഇന്നത്തെ സയൻസുമായി പൊരുത്തപ്പെടുന്നതാണ് നമ്മളെന്ത് ചെയ്യും നമുക്ക് സയൻസ് അറിയാൻ വയ്യെങ്കിലും നമ്മളതുമായിട്ട് പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നവന് രണ്ടിനും ബോധം രണ്ടിനും ശരിയായ ബോധമില്ലാത്തവനാണ് ഈ പറയുന്ന അദ്വൈതത്തിലും ബോധമില്ല പിന്നെ എന്താണ് സയൻസിനും ബോധമില്ലാതെ നമ്മൾ ഇതെല്ലാം കൂടെ കൊണ്ട് ശരിയാകാൻ പോകുമ്പോൾ ആകെ കുഴപ്പമാവും നമ്മൾ അദ്വൈതത്തിൽ ഉള്ള ബോധം എന്ന് പറയുന്നത് ആത്മബോധവും തത്വബോധവും കൂടിയൊന്നാ വിവേക ചൂടാമണി ഇതാണ് ഭക്ഷ്യകാരൻ്റെ അദ്വൈതമെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് സയൻസിനെ കുറിച്ച് നമുക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇതൊക്കെയാണ് ഇതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല സയൻസെന്ന് പറയുന്നത് പ്രതിക്ഷണം ശാഖോപശാഖകളായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരു ശാഖ പോലെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഇവിടെ ശേഷി നമുക്കില്ല അപ്പോൾ അതിനോട് പൊരുത്തപ്പെടുത്തി ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്വാമിമാർ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അവിടെ അവർ പരാജയപ്പെട്ടു പക്ഷെ അതിനോട് പൊരുത്തപ്പെടുത്തി നമ്മളിനി വ്യാഖ്യാനിക്കാൻ പോയാലോ എന്തു പറ്റും ഇപ്പോൾ സയൻസൊക്കെ കുറച്ച് അറിയാമെന്നുള്ള ഒരാൾ സയൻസിനോട് പൊരുത്തപ്പെടുത്തി വ്യാഖ്യാനിക്കുമ്പോൾ എന്തു പറ്റും സയൻസിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും എല്ലാരുടെ കയ്യിലും ഒരു സയൻസല്ല ഓരോരുത്തർക്കും ഓരോ സയൻസാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ഇംഗ്ലീഷും ഓരോ മലയാളം ഓരോ സംസ്കൃതം ഓരോ ഹിന്ദി എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് സയൻസും ഓരോരുത്തരുടെ കയ്യിൽ അവർക്ക് സൗകര്യം പോലെ വ്യാഖ്യാനിക്കും കാരണം അതിൻ്റെ വൈപുല്യം അങ്ങനെയാണ് അപ്പം നമ്മളിനി കുറച്ച് സയൻസൂടെ പഠിച്ചിട്ട് വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാലിൻ്റെ രക്ഷയില്ല അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന സയൻസ് വേറെയാണ് ഇന്ന് സ്വാമിമാർ ഇന്റർനെറ്റിൽ കിടന്ന് വെള്ളം കുടിക്കുന്നതാണെന്ന് നമുക്കറിയാം ഒരു രക്ഷയില്ല ഇതേ അവസ്ഥ തന്നെയായിരുന്നു പണ്ട് പണ്ടത്തെ സയൻസ് എന്ന് പറയുന്നത് എന്താണ് ശ്രുതി ഇപ്പോൾ ഭാഷകാരൻ സ്വന്തം അനുഭവത്തിനും യുക്തിക്കും അനുസരിച്ച് പറഞ്ഞിട്ട് പിന്നെ ശ്രുതിയെ വ്യാഖ്യാനിച്ചതിന് സമർത്ഥിക്കാൻ ശ്രമിച്ചു ശ്രുതി എന്ന് പറയുന്നത് എന്താ അത് എങ്ങനെയും വ്യാഖ്യാനിക്കാം അത് വ്യാഖ്യാനിക്കുന്നവൻ്റെ പാണ്ഡിത്യം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഭാഷകാരൻ ശ്രുതിയെ വ്യാഖ്യാനിച്ച് അദ്ദേഹം പോയപ്പോൾ പിന്നീട് വന്നവരും സംസ്കൃതം പഠിച്ചവരാണ് അവർ പാണ്ഡിത്യത്തിൽ ഒട്ടും കുറവുള്ളവരല്ല പദവാക്യപ്രമാണജന്മാരാണ് അവരെന്ത് ചെയ്തു ഇതേ ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് നിഷേധിച്ചു അപ്പോൾ അദ്വൈതം എങ്ങും തൊടാതെ പോയി അവരെ മുമ്പിൽ അതോരോ കാലത്തിൻ്റെ വിശേഷതകളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാചീനമായ മനുഷ്യരുടെ ഭാഷ ആ ഭാഷയുടെ അർത്ഥം അതെങ്ങനെ നിർണയിക്കുന്നു പണ്ഡിതന്മാർ അതിനും മണിതപ്പിൽക്കാലത്തുണ്ടായ വ്യാകരണങ്ങളും വ്യാകരണ നിയമങ്ങളും എന്നാണോ ഈ ശ്രുതിയൊക്കെ മനുഷ്യൻ പറഞ്ഞു തുടങ്ങി അന്ന് വ്യാകരണമൊന്നുമില്ല അതൊക്കെ പിന്നീടുണ്ടായതാണ് അത് അതിനോടൊപ്പം വന്നാലല്ല പിന്നെ ആണ് ആദ്യ ർഗ്വേദം പിന്നെ ഋഗ്വേദപ്രാതിശാഖ്യം അതിന്റെ വ്യാകരണം ഇങ്ങനെ ഇങ്ങനെ വന്നു വന്നു വന്നു പിന്നെ അത് പാണിനീയ വ്യാകരണത്തിലേക്ക് അതിൽ തന്നെ പിന്നെ എന്താണ് വൈദിക വ്യാകരണമായി പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാനുള്ള പഴുകുകളുണ്ട് അപ്പോൾ പ്രമാണത്തെ പ്രമാണത്തിലൂടെ ശ്രുതി പ്രമാണത്തിലൂടെ സ്വാധൂകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിന്നീട് വന്നവർ അതിനെയുള്ള ശ്രുതി പ്രമാണത്തെ ഉപയോഗിച്ച് നിഷേധിച്ചത് എന്ന് പറയും അപ്പം അവർക്ക് ഈ ഭാഷകാലം പറഞ്ഞ അനുഭവത്തെയും യുക്തിയൊന്നും സ്പർശിക്കേണ്ട ആവശ്യം തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരാവശ്യം വന്നിട്ടു ശ്രുതി അല്ലെങ്കിൽ സ്മൃതിയെ ഭഗവത്ഗീത പോലുള്ള സ്മൃതികളെ ഒക്കെ വ്യാഖ്യാനിച്ച് തന്നർത്ഥം പറയണം എന്നൊരു നിർബന്ധ ബുദ്ധി അന്നുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ സിദ്ധാന്തം പറയുമ്പോൾ അതിലൊന്നും ഇല്ലെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചതാണെന്ന് പറയേണ്ടി വരും ഇതാണ് ഭാഷകാരൻ പിടിച്ച പൊല്ലാപ്പ് ഭഗവത്ഗീതയും മൊത്തം അദ്വൈതമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ അതിന് കുറച്ച് അദ്വൈതം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് മൊത്തം അത് അദ്വൈതമാണെന്ന് പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് അടിക്കാനൊരു വടി കിട്ടി എന്നാ ഇതൊന്ന് പറയും ഇതൊന്ന് അദ്വൈതപരമായി വ്യാഖ്യാനിച്ച് എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിമുട്ടാവും അപ്പവിടെയാണ് ഭാഷ്യ സിദ്ധാന്തത്തെ മറ്റുള്ളവർ ഖണ്ണിച്ചത് എന്നാൽ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ അത്വിധത്തെ സമർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ പിന്നെ അത് ചെയ്യാതെ നിർത്തിയില്ല ഇതിലെല്ലാം അദ്ദേഹം ഒന്നു തന്നെ പറയുകയുള്ളൂ ഭഗവത്ഗീത പ്രാചീനമായ സമ്പ്രദായം ഷദ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ച് അദ്വീതമാണെന്ന് ആർക്ക് വേണോ പറയാം പക്ഷേ അതേ ലിംഗങ്ങൾ ഉപയോഗിച്ച് ഇതിലെന്തുണ്ടെന്നും ആർക്കും പറയാം അതാണ് മറ്റൊരു തമാശ കാരണം അതിനകത്ത് എല്ലാം ഉണ്ട് അതാ കുഴപ്പം ശ്രുതിയിൽ എല്ലാം ഉണ്ട് ചോദിച്ചാൽ എല്ലാം അതിൽ നിന്ന് എന്ത് വേണോ വ്യാഖ്യാനിച്ചെടുക്കാം അപ്പോൾ വാസ്തവത്തിൽ അതിനെ പ്രമാണമായി സ്വീകരിച്ചെങ്കിലും പിൽക്കാലത്ത് അത് തന്നെ ഏറ്റവും വലിയ വീക്ക്നെസ്സായി മാറി എല്ലാ സിദ്ധാന്തക്കാരുടെയും പ്രാചീന മനുഷ്യരുടെ ആ വാക്യങ്ങൾ അതാണ് അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ ഓരോ സിദ്ധാന്തങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി പഴയ ആൾക്കാർ ചെലവഴിച്ച സമയവും അവരുടെ പ്രയത്നവും നമുക്ക് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇതേ വാക്യങ്ങളിൽ നിന്ന് തന്നെ മീമാംസന അവൻ്റെ സിദ്ധാന്തം സമർത്ഥിക്കുന്നു അതിൽ തന്നെ കുമാരന ഭട്ടന് തന്റെ സിദ്ധാന്തം സമർപ്പിക്കണം പ്രഭാര ഗുരുവിന് തന്റെ സിദ്ധാന്തം സമർത്ഥിക്കുന്നു മുരാരമേശ്വരന് തന്റെ സിദ്ധാന്തം സമർപ്പിക്കണം ഇതൊക്കെ ഒരേ ചെറുതാണ് ഇതിനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ച് എന്തൊക്കെയാ ഇത് ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ പ്രമാണത്തെ അനുസരിച്ച് സിദ്ധാന്തങ്ങൾ സമർത്ഥിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരു സിദ്ധാന്തം സമർത്ഥിക്കുന്നിടത്ത് തന്നെ പല സിദ്ധാന്തങ്ങളും അതുകൊണ്ട് അത് വളരെ വിപുലമായ ചർച്ചകളും ഖണ്ഡനങ്ങളും മണ്ഡലങ്ങളുമായിട്ടങ്ങ് ആ ഒരു ദുര്യോഗം അദ്വൈതത്തിലും അതാണ് പക്ഷെ അത് കേവലം അനുഭവത്തിലും ആ അനുഭവത്തിനെ ആശ്രയിക്കുന്ന യുക്തിയിൽ നിന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതാണ് ഭാഷകാരൻ എന്ത് ചെയ്യുന്നു അനുഭവത്തിൻ്റെ തലത്തിൽ വന്നപ്പം സർവസിദ്ധമായ അനുഭവങ്ങളെ ആശ്രയിച്ച് അതിനെ സമ്മർത്ഥിച്ചു അതുകൊണ്ട് അങ്ങനെ അനുഭവത്തെ കൂട്ടുപിടിക്കുമ്പോഴും ഭാഷകാലം പറയുന്ന എന്താണ് അനുഭവം അഭി ഇഹ പ്രമാണം അനുഭവത്തെയും എന്നെയാണെന്ന് പറയാൻ അവകാശമുള്ളൂ അനുഭവം പ്രമാണമെന്ന് പറയാൻ അവകാശമില്ല കാരണം പ്രാമുഖ്യ ശ്രുതിക്കാണ് അപ്പോൾ ആ അനുഭവ യുക്തിയും ഇവിടെയും അത് തന്നെ ആ അനുഭവ യുക്തിയും പറയുന്നു പക്ഷേ അവസാനം കൊണ്ട് ശ്രുതിയിൽ കെട്ടിയിടും അതല്ല മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല ഇന്ന് നമ്മൾ സയൻസിൽ കൊണ്ടുപോയി ബന്ധിക്കാൻ ശ്രമിക്കുന്ന പോലെ അദ്വൈതത്തില് എന്താണ് അനുഭവം എന്താണ് യുക്തി എന്താണ് അതല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വിശ്വാസ സിദ്ധാന്തങ്ങൾ എന്താണ് അനുഭവയുക്തിയെന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് വേറെ തിരിച്ച് മനസ്സിലാക്കുന്നു മറ്റൊരു വിശ്വാസ സിദ്ധാന്തങ്ങളാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാം നിഷേധിക്കാം അതിനെയും അദ്വൈതം ഭാഗികമായി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ അനുസരിച്ചാണ് എൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നിടത്തും ശ്രുതിയെ വ്യാഖ്യാനിക്കുമ്പോൾ ഭാഷകരുടെ അനുഭവത്തെ തന്നെ അതാണ് നമ്മൾ ഭാഷയത്തിൽ എല്ലായിടത്തും കാണുന്നത് നമുക്ക് അനുഭവത്തെ നിഷേധിക്കേണ്ടി വരുന്നത് എൻ്റെ അനുഭവം അനുഭവം വേറെയാകുമ്പോഴാണ് രണ്ടു ഒന്നാണെങ്കിൽ പിന്നെ നിഷേധിക്കേണ്ട കാര്യം സത് എന്ന് പറയുന്ന അനുഭവം സർവ്വസാധാരണമായിരിക്കുന്നു അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നു ഇതെന്താണ് അതിന് ജാഗ്രത സ്വപ്ന സുഷുപ്തി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതി സംഹാരങ്ങൾ എന്നിവയുള്ള ഘടകവും പടവും എല്ലാം എടുത്തു വച്ച് ചിന്തിച്ചിട്ട് ഭാഷകാരം സമ്മർദ്ദിക്കുന്നു ഇത് ജഗത് ആധാരമായിരിക്കുന്ന ഒന്നാണ് അതിലാണ് ഈ ജഗത്തിങ്ങനെ അനുഭവവേദ്യമാകുന്നത് എനിക്കും നിനക്കുമെല്ലാം സെർവർക്കും അങ്ങനെയാണ് അതിനെ സമ്മർദ്ദിക്കുന്നത് പിന്നെ ഇവിടെ വേറെന്നുകൂടെ മനസ്സിലാക്കുന്നു ഒരാളൊരു യുക്തി പറഞ്ഞാൽ ഏതൊരു യുക്തിക്കും നമുക്ക് മറയുക്തി പറയാം ഏത് യുക്തിക്കും വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു മറു മറുവശം പറയാം നമ്മൾ പറയും സാധാരണ തർക്കുത്തരമെന്ന് പറയും പക്ഷെ ത്തെ വിശദീകരിക്കുന്നതും പ്രപഞ്ചത്തിന് കാരണം സ്വത്താണെന്ന് പറയുന്നതും അദ്വൈതമാണ് പരമാർത്ഥമെന്ന് പറയുന്നതും എല്ലാം യുക്തിക്കനുസരിച്ചെന്ന് പറയുമ്പോൾ അത് എന്ത് യുക്തിയാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വ്യക്തിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അതാണ് നേരത്തെ പറഞ്ഞത് ശാസ്ത്രം നിർത്തിയാവും അതിലാണ് ഈ പുലിവാലെല്ലാം പിടിച്ചത് എന്ത് വ്യക്തിയാണ് ആ വ്യുക്തി എന്ന് പറയുന്നത് ആധ്യാത്മികമായ വ്യക്തികളാണ് യുക്തി രണ്ട് തരത്തിലുണ്ട് ആധ്യാത്മികമായ വ്യക്തികളും ഭൗതികമായ വ്യക്തികളും ഭൗതികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഭൗതികമായ വ്യക്തിയെ സ്വീകരിക്കുന്നു ആധ്യാത്മികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്തു ചെയ്യുന്നു ആധ്യാത്മികമായ വ്യക്തിയെ സ്വീകരിക്കുന്നു അപ്പോൾ ആധ്യാത്മികമായ വ്യക്തികൾ സ്വീകരിച്ചുകൊണ്ടാണെന്തു പറയുന്നത് അതുകൊണ്ടാണ് അനുഭവത്തെ പിന്തുടരുന്ന വ്യക്തി എന്ന് പറയുന്നത് അനുഭവത്തെ പിന്തുടരുന്ന വ്യക്തികളെല്ലാം ആധ്യാത്മിക വ്യക്തികളാണെന്ന് വെച്ചാൽ സർവ സർവരുടെ അനുഭവത്തെ സർവ ലൗകികമായ അനുഭവത്തെ പിന്തുടരുന്ന വ്യക്തികളെ അത് ആധ്യാത്മിക വ്യക്തികളാണ് ആധ്യാത്മിക വ്യക്തികളെ സ്വീകരിച്ചുകൊണ്ടാണ് ഭാഷകാരൻ അദ്വൈതത്തെ സമർത്ഥിക്കുന്നു അങ്ങനെ ഭൗതിക വ്യക്തികൾ കൊണ്ട് നിഷേധിക്കാൻ നോക്കി കഴിഞ്ഞാൽ രണ്ട് രണ്ട് തലമാണ് രണ്ട് രണ്ട് മണ്ഡലങ്ങളാണ് അപ്പോൾ അത് ഒന്നുകൊണ്ട് ഒന്നിനെ സധൂകരിക്കാനോ നിഷേധിക്കാനോ സാധ്യമാണ് ആധ്യാത്മികം എപ്പോഴും ആധ്യാത്മികത്തിന്റെ വഴിക്ക് പോകും ഭൗതികമെപ്പോഴും ഭൗതികത്തിൻ്റെ വഴിക്കും പോവും അത് ലോകം ഉള്ളിടത്തോളം കാലം രണ്ടും നില അതുകൊണ്ടിവിടെ ഭാഷക്കാരനെ നിഷേധിക്കുന്നത് ആത്മീയമായ സിദ്ധാന്തങ്ങള് ആത്മീയമായ വ്യക്തികൾ കൊണ്ട് സമർപ്പിക്കുന്നു അതിനാത്മീയമായ വ്യക്തികൾ കൊണ്ട് നിഷേധിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഇനി ഭൗതികമായ വ്യക്തികൾ കൊണ്ട് നിഷേധിക്കുമെന്ന ഇത് അറിവില്ലായ്മ കൊണ്ടാണ് അത് മോരും മുതിരിയും പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അറിയാം ഒരിക്കലും ചേരത്തില്ല രണ്ടായിട്ട് തന്നെ അത് നമ്മൾ പലവണ്ണം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഇവിടെ പറയുന്നത് ജഗതുപത്തി സ്ഥിതി പ്രളയ ഹേതുത്വം ഈശ്വരനിൽ കൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈശ്വരൻ അനേക ശക്തിമത്വം അതും കൽപ്പിക്കും പറയുന്നു അതെല്ലാം തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവിടെ അത് ഇവിടെ ഈശ്വരൻ്റെ വാസ്തവ സ്വരൂപത്തെയാണ് വെളിപ്പെടുത്തുന്നത് അത് വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല വിശേഷൻ നിരാകരണ ശ്രുതി നാം അനന്യാർത്ഥത്വ സർവശക്തിയുക്തനാണ് ഈശ്വരൻ എന്ന് പറയുന്നിടത്ത് തന്നെ നീതി നേതി എന്ന് പറഞ്ഞു അതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട് ആ നിഷേധം മറ്റൊന്നിനും വേണ്ടിയല്ലാർത്ഥമാണ് അതിനെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നെ ആ സമയം അനേക ശക്തിയുക്തനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അന്യാർത്ഥമാണ് അതിന് മറ്റൊരു പ്രയോജനമുണ്ട് എന്ന് വെച്ചാൽ ഈ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെല്ലാം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആധ്യാത്മികമായി അതിൻ്റെ അത് ആ യുക്തി എന്തിനാണ് പ്രയോഗിക്കുന്നത് ഈശ്വരൻ ഇങ്ങനെ സർവജ്ഞനാണ് സർവശക്തിയുക്തനാണെന്നെല്ലാം പറയുന്ന യുക്തികളിലൂടെ ഈശ്വരനെ സമർത്ഥിക്കുന്നത് ആധ്യാത്മികമായി അതിൻ്റെ പ്രയോജനം എന്താണ് അത് ആധ്യാത്മികമായ എൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് കേവലം ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും പറയും എപ്പോഴും ഭാഷക്കാരുണ്ട് അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ജഗത്തിൻ്റെ കർത്തൃത്വം ഈശ്വരനിൽ ആരോപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അതിൽ സമ്മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് അദ്വൈതത്തിൻ്റെ നിലപാട് അത് കേവലം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപാസനയും ആധ്യാത്മികതയുടെ ഒരു പ്രധാന ഭാഗമാണ് ഉപാസിക്കുന്നവനവിടെ ഇങ്ങനെയുള്ള ഒരു ഈശ്വരം വേണം ആ ഈശ്വരനെ ഭാവന ചെയ്യണം അതിലൂടെ ആധ്യാത്മികമായ ഗുണവനുണ്ടാകുന്നു അതാണ് ഈശ്വരനെക്കുറിച്ച് വർണ്ണിക്കുന്നതെല്ലാം അന്യാർത്ഥമാണെന്ന് പറഞ്ഞത് ആ സമയം ഈ ഗുണങ്ങളെല്ലാം നിഷേധിക്കുന്ന എന്താണ് അനന്യാർത്ഥമാണ് മറ്റൊന്നിനു വേണ്ടിയല്ല പിന്നെയോ ആ എന്തിനു വേണ്ടി അതിന് പറയാനും എന്താ ആ പരമാർത്ഥത്തെ അറിയാൻ വേണ്ടി ഉപാസിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ അദ്വൈതത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അദ്വൈതത്തിന് മനസ്സിലാകുമ്പോൾ അദ്വൈതമെന്ന് പറയുന്നൊരു പ്രത്യേക സിദ്ധാന്തം ഉണ്ട് അത് നമ്മൾ മനപ്പാഠം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടതെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നു പിന്നെ എന്തർത്ഥത്തിൽ ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്ന താൻ ഇതിലൊക്കെ ഒരു പരമാർത്ഥമുണ്ട് ആ പരമാർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ ഇത് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ ഒരു സിദ്ധാന്തം മനഃപ്പാഠം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ലേ ഇവിടെ തുറയും തനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാർത്ഥം അറിയണമോ തൻ്റെ പരമാർത്ഥം അറിയണമോ ഇതിൻ്റെ ആധ്യാത്മികമായ തത്വം എന്താണെന്ന് അറിയണമോ അത് എന്ന് എന്ന് ഇതിൻ്റെ ഭൗതികമായ തത്വം ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഭൗതികമായ തത്വം എങ്ങനെ മനസ്സിലാക്കും ഭൗതികമായ പഠനങ്ങൾക്ക് നിരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കിയാലേ അത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ആധ്യാത്മികമായ ഈ അറിവുള്ളവർക്കും ഈ ആദ്ധ്യാത്മികമാർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന മനുഷ്യനുണ്ടായിട്ടും അവർക്ക് ഈ ഇന്നത്തെ ഈ ഭൗതിക വിജ്ഞാനമൊന്നും ഇല്ലാതെ പോയത് നമ്മൾ പുകഴ്ത്തുന്ന സർവജ്ഞത്വമൊന്നും അവർക്കില്ലാതെ പോയത് അതുകൊണ്ടാണ് ഇന്നത്തെ ഭൗതികമായ ശാസ്ത്ര വിജ്ഞാനം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സർവജ്ഞനായ ഒരാൾ ഒരു കാലത്തും ഉണ്ടായിട്ടുള്ള പോകുന്നില്ല എന്തുകൊണ്ട് ഏ അങ്ങനെ ആ സർവജ്ഞനാകുമ്പോൾ അനന്തമായ അറിവുണ്ടേ സർവജ്ഞത്വം എന്ന് പറയുന്നത് കേവലം ഈ ആധ്യാത്മികമായ അറിവിലാണ് ഭൗതികമായ അറിവിലല്ല ഭൗതികമായ അറിവ് സമ്പാദിക്കണമെങ്കിൽ എന്ത് വേണം ഭൗതികമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ സയൻസ് പഠിച്ചാലേ നിങ്ങൾക്ക് അറിവുണ്ടാകത്തുള്ളൂ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഭൗതികമായ ജ്ഞാനം ആ വഴിക്ക് പരിശ്രമിച്ചാലേ ഉണ്ടാവും അല്ല നിങ്ങൾ ആധ്യാത്മികമായ സാധന ചെയ്താൽ ഉണ്ടാവൂ ഉണ്ടാവു സംശയം ഇത്തരം കാലം എന്തുണ്ടായി അത് പറഞ്ഞാൽ മതിയല്ലോ ഇത്രയും കാലം ഒന്നും ഉണ്ടായില്ല എന്നാലും അതിന് മറുപടി പറയാൻ പ്രയാസമാണ് എന്തോ ഉണ്ടായതുപോലെയാണ് എല്ലാവരും ഇരിക്കുന്നത് ഒരു ചുക്കും ഉണ്ടായില്ല ഒന്നും സംഭവിച്ചില്ല എന്നാലും ആ മിഥ്യാഭിമാനം എടിയാൻ പ്രയാസമാണ് എങ്ങനെ അത് തന്നെ അപ്പൊ ഭൗതികമായ അങ്ങനെ ഉണ്ടാകത്തില്ല ഭൗതികമായ പരിശ്രമങ്ങളിലൂടെ ഉണ്ടാവും ആധ്യാത്മികമായ അറിവുണ്ടാവും ആധ്യാത്മികമായ പരിശ്രമത്തിലൂടെ ഭൗതിക അറിവുണ്ടാകത്തി അതിന് ഭൗതികമായി തന്നെ പരിശ്രമിക്കുന്നു അപ്പൊ ഇവിടെ ഭക്ഷ്യകാരൻ പറയുന്ന ഈ തത്വവും ആധ്യാത്മികമായ അറിവാണ് ഭൗതികമായ അറിവല്ല അതുകൊണ്ടാണ് ഈ പറയുന്ന പരമാർത്ഥത്തെ അറിഞ്ഞ ആള് പോലും ഭൗതികമായ പല വിഷയങ്ങളിലും പറഞ്ഞ് എന്തായിപ്പോയി ഏ പരമമണ്ഡത്തരമായി പോയി മണ്ഡത്തരം എന്ന് പറഞ്ഞാൽ പോരാ പരമമണ്ഡത്തരമായി ധ്യാത്മികമായ അറിവുള്ളവർ ഭൗതികമായ വിഷയങ്ങളിൽ അവർക്ക് അറിവുണ്ടാകാം അവർ നിരന്തരം അതിനെ അനുസന്ധാനം ചെയ്താൽ ഉണ്ടാവാം രണ്ടു തരത്തിലുള്ള അറിവും ഒരാൾ വരാം അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കണം പരിശ്രമിക്കണമെന്ന് വെച്ചാൽ അതിനുള്ള മൂളയും വേണം രണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ രണ്ടു കാര്യത്തിലും അറിവുണ്ടാവാം ഇവിടെ ഈ പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ആധ്യാത്മികമായ അറിവാണ് അപ്പോ അവിടെ ഈ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥത്തെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ സർവജ്ഞനായ ഒരു സൃഷ്ടി കടത്താവിന്റെ ആവശ്യമില്ല മൂന്ന് ഭാഷകാരൻ പറയും പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് അന്യാർത്ഥമാണ് എന്നുവെച്ചാൽ അതിലൊരാധ്യാത്മികമായ പ്രയോജനമുണ്ട് അതാണ് ഭൗതിക പ്രയോജനമല്ല അവൻ്റെ ഉപാസനയ്ക്ക് വേണ്ടി ഉപാസന എന്ന് പറയുന്നത് മുഖ്യമായും മാനസികമായ ഒരു അഭ്യാസമാണ് മാനസികമായ ഒരു അഭ്യാസത്തിലൂടെ മാനസികമായ ഓരോ തലങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ഉപാസന അപ്പോൾ അതിന് ഒരു ഈശ്വരൻ ആവശ്യമാണ് അതുകൊണ്ട് പറയുന്നത് അത് മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് പോലും നമ്മൾ അനുഭവിക്കുന്ന ഈ ഭൗതികമായ യാഥാർത്ഥ്യം ഉണ്ട് എന്നനുഭവിക്കുന്ന ഈ ഭൗതികമായ യാഥാർത്ഥ്യം അത് പരമാർത്ഥമല്ല എന്നാണ് അദ്വൈതം പറയുന്നത് അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്നല്ല ഇതുണ്ട് എന്നിതിനെ ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ഈ ഞാൻ ഈ അനുഭവിക്കുന്ന വസ്തുവിൻ്റെ പാരമാർത്ഥികതയല്ല പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള തത്വത്തിൻ്റെ പാരമാർത്ഥികതയാണ് എന്നാണ് പറയുന്നത് അവിടെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ പക്ഷേ അത് സൂക്ഷ്മമായ വ്യത്യാസമാണ് അതാണ് ദ്വൈതം പറയുന്നത് അതുകൊണ്ടിത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ സർവജ്ഞനായ ഈശ്വരനെ കുറിച്ചും മറ്റും പറഞ്ഞു അതൊക്കെ അന്യാർത്ഥമാണ് പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുന്നതോ അത് അന്യാർത്ഥമല്ല അത് എങ്ങനെ പറയുന്നു അങ്ങനെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തത്വത്തെയാണ് പറയുന്നതെങ്കിൽ ആ തത്വത്തെ എങ്ങനെ ഉപദേശിക്കുന്നു അങ്ങനെ ഗ്രഹിക്കുന്നു തത്വത്തിന് രണ്ടു മുഖമുണ്ട് രണ്ടുണ്ടെങ്കിൽ തത്വമല്ല തത്വം പരമാർത്ഥമാണ് അതിനങ്ങനെ ബോധിക്കുക അതാണ് ഇവിടെ പറയുന്നത് എന്താണ് വിശേഷ നിരാകരണശ്രുതി നാം അനന്യാർത്ഥത്വ ഈ വിശേഷങ്ങളെ സർവജ്ഞത്വം സർവശക്തിത്വം ഇങ്ങനെയുള്ള വിശേഷങ്ങൾ പറയുന്ന ഇതെല്ലാം അതിനെയൊക്കെ നിഷേധിക്കുന്ന ആ ശ്രുതിയുടെ താല്പര്യം അന്യാർത്ഥമല്ല മറ്റൊന്നിനും വേണ്ടിയല്ല അതിനെ അങ്ങനെ തന്നെ ഗ്രഹിക്കാൻ വേണ്ടിയാണ് അവിടെ വിശേഷങ്ങളെന്ന് പറയുന്നത് സർവജ്ഞത്വം സർവശക്തിത്വം അതിനെ നിഷേധിക്കുന്ന ശ്രുതി എന്ന് പറയുന്നത് നേതി നേതി തുടങ്ങിയ ശ്രുതി അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല മറിച്ച് അതിനെ നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ശ്രുതിയല്ലേ ശ്രുതിയെ തന്നെ പറയുന്നു സർവജ്ഞൻ സർവശക്തൻ നിങ്ങൾ പറയുന്നു അതിനെ നിഷേധിക്കുമ്പോൾ തത്വത്തെ ഗ്രഹിക്കണമെന്ന് എന്നാൽ ഈ പറയുന്ന ശ്രുതിയല്ലേ ആ പറയുന്ന അതുപോലെ അനുഗ്രഹിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ സത്യമെന്ന് ഗ്രഹിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത് അടുത്ത് ഉത്പത്തിയായ ശ്രുതി നാമഭി സമാനം അന്യാർത്ഥത്വം ഇത് ചെയ്ത് ഇതിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട് അതാണ് കുറച്ചുകൂടെ ശരി അന്യാർത്ഥം എന്ന് പറഞ്ഞാലും അതിനെ ശരിയാക്കാം പക്ഷെ അനന്യാർത്ഥത്വം എന്ന് പറയുന്നതാണ് കൂടുതൽ കാരണം മുമ്പ് ചോദിച്ചത് അതിനെ ആശ്രയിച്ചിട്ടാണ് വിശേഷനിരാകരണ ശ്രുതി നാം അനന്യാർത്ഥത്വം എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുക അതുകൊണ്ട് ഉത്പത്യാദിശ്രുതീനാമഭി സമാനം അനന്യാർത്ഥത്വം എന്ന് പറയുന്നതാണ് ആ ചോദ്യമാണ് ശരി എന്നുവെച്ചാൽ ഉത്പത്യാദിശ്രുതികളും അതുപോലായിക്കൂടെ എന്ന് പറഞ്ഞാൽ ഉത്പത്യാദിശ്രുതികളും പറയുന്നത് സത്യമാണ് എന്നു പറഞ്ഞാൽ ജഗത്തിന് ഉത്പത്തിയുണ്ട് ആ അതിനെ ഉത്പന്നമാക്കുന്നവനൊരു ഈശ്വരനുണ്ട് അപ്പോൾ ആ ഈശ്വരൻ സത്യമാണ് അതിലൊന്നും നിഷേധിക്കാനില്ല അങ്ങനെ ആയിക്കൂടെയെന്നാണ് രണ്ടിനേ സത്യമായി സ്വീകരിക്കുക ചുരുക്കത്ത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന രീതിയിലാണെങ്കിൽ നിർഗുണമായ ഈശ്വരനെയും സത്യമായി സ്വീകരിക്കുക സഗുണനായ ഈശ്വരനെയും സത്യമായി സ്വീകരിക്കുക അല്ലെങ്കിൽ കാര്യബ്രഹ്മത്തെയും സത്യമായി സ്വീകരിക്കുക കാരണബ്രഹ്മത്തെയും സത്യമായി സ്വീകരിക്കുക രണ്ടും ശ്രുതികളും അനന്യാർത്ഥമാണ് എന്നുവെച്ചാൽ രണ്ടു ശ്രുതികളും പറഞ്ഞെന്തോ അർത്ഥത്തെ തന്നെ എടുക്കണം മറ്റൊരർത്ഥത്തെ സ്വീകരിക്കാൻ പാടില്ല രണ്ട് ശ്രുതിയാണ് ഇവിടെയാണ് ഈ പണ്ഡിതന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ പറഞ്ഞു അല്ലല്ല അന്യ അർത്ഥം ന അന്യ അർത്ഥം അനന്യ അർത്ഥം ആത്മാവുമായിട്ട് അന്യം എന്നുള്ളതാണ് മറ്റൊരർത്ഥം അല്ലെങ്കിൽ മറ്റൊന്നിനു വേണ്ടി രണ്ടു രീതിയിലും പറയും സർവജ്ഞനായ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല സർവജ്ഞനായ ഈശ്വരൻ സത്യമാണെന്നറിയാൻ വേണ്ടിയാണ് അതാണ് അനന്യാർത്ഥം മൂലം അത് ഭാഷകാരെ സ്വീകരിക്കില്ല സത്യം പലതാകാൻ പാടില്ല സത്യം ഏകമാണ് അത് അദ്വീയമാണ് ഇതാണ് ഭാഷകാരൻ്റെ നിലപാട് അതാണ് സിദ്ധാന്തം അതിനനുകൂലിക്കുന്നതാണ് യുക്തികൾ അത് ഭാഷകാലം പറയുന്നതാണ് ഇതിനുപദേശിക്കുന്ന വക്താവിൻ്റെ സത്യം ഇത് കേൾക്കുന്ന ശ്രോതാവിൻ്റെ സത്യം അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അങ്ങനെയാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക സിദ്ധാന്തം എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന രീതിയിൽ എന്താണ് ഒരാശയെന്നുള്ള രീതിയിലല്ല നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരാശയം എന്നുള്ള രീതിയിലോ നമ്മൾ പഠിച്ച് ഉറപ്പിക്കേണ്ട ഒരു സിദ്ധാന്തം എന്നുള്ള രീതിയിലോ അല്ല ഭാഷക്കാരും പറയുന്നു അത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പരമാർത്ഥം എന്നുള്ള രീതിയിലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ബാക്കി പറയുന്നതെല്ലാം വെറും പൊളി അതാണ് അദ്വൈതത്തിന്റെ നിലപാട് അതാണ് അതൊക്കെ അന്യാർത്ഥം എന്ന് പറയുന്നത് അതിൽ നിന്നും അങ്ങനെ എടുക്കരുത് അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുണ്ട് പറയുന്ന അത് അതാണല്ലോ നമ്മൾക്കിപ്പോൾ സത്യം അറിയാം അല്ലേ എന്താണ് സത്യം എന്ന് നമുക്കറിയാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളോട് ഒരു മതപ്രഭാഷണം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മതപ്രഭാഷണം നടത്തുന്ന ആരുടെ അടുത്താണ് പൊതുജനങ്ങൾ അവിടെ നമ്മൾ കള്ളമേ പറയത്തുള്ളൂ അല്ലേ സത്യം പറയോ എന്തുകൊണ്ട് സത്യം പറഞ്ഞ പറയുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് പല സമാധാനമുണ്ടോ ഒന്നും പ്രധാനമായിട്ടും മാർക്കറ്റില്ല ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ സത്യം പറയത്തില്ല അതൊരു പിടിവാശിയാണ് സത്യം നമ്മളൊരിക്കലും പറയാൻ തയ്യാറല്ല എന്നാലും പിന്നെ കള്ളവെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു സമാനമുണ്ട് എന്താണ് എന്താണ് സമാനം ഈ ജനങ്ങൾ നന്നാവണമെങ്കിൽ അവര് കള്ളം പറയണം അവരോട് നല്ലേ പറയുന്നത് ഏ അതന്നെ ജനം നന്നാവണെങ്കിൽ എന്ത് വേണം അവരോട് കള്ളം പറയണം എന്നാലും ജനം നന്നാവുന്നു അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ എത്രയോ കാലമായി കള്ളം പറയുന്നു ഇതുവരെ ജനം നന്നായിട്ടുമില്ല ഒരിക്കലും നന്നാകാനും പോകുന്നില്ല കള്ളം പറഞ്ഞൊരിക്കലും ജനത്തെ നന്നാകാൻ പറ്റും നന്നാക്കാൻ പറ്റത്തില്ല ആ സത്യം അവർക്ക് ആവശ്യമില്ലായിരിക്കുന്നു ശരിയായി കാരണം അവർക്ക് വേണ്ടത് കള്ളമാണ് അപ്പോൾ അവർ കള്ളത്തിൽ നിന്ന് മുമ്പോട്ട് പോവും നിങ്ങൾ ഇനി നന്നാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞാലും അവരവിടെ തന്നെ പോവും ആ കള്ളവുമായിട്ട് മുമ്പോട്ട് പോവും അല്ലേ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ അവരെ രക്ഷപ്പെടുത്താൻ ഇല്ല സ്വയം ഒരു കള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ നന്നാക്കാൻ വേണ്ടി കള്ളം പറയുന്നു അപ്പോൾ കള്ളം പ്ലസ് കള്ളം സത്യമാവും മതപ്രഭാഷകരൊക്കെ താടി കൈ കൊടുത്തിരുന്ന് ആദിക്കണത് എന്തായി പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞു വയ്ക്കുന്നത് നമ്മളൊക്കെ കള്ളന്മാരാന്നാണോ ഈ പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും ഞാൻ പറയുന്ന സിദ്ധാന്തത്തെ കുറിച്ചാണ് തത്വത്തെ കുറിച്ചാണ് ലോകത്തിങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോ കള്ളമാണെങ്കിൽ അത് കള്ളമാണെന്ന് അവനും ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാ വേണ്ടത് ഇത് ഇതാണ് ഭാഷകാരം ഇവിടെ പറയുന്നത് ഇത് അന്യാർത്ഥമാണോ ഈ പറഞ്ഞിരിക്കുന്നു എന്നു വെച്ചാൽ സത്യമല്ല എന്ന അപ്പോ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഷകാരന് ആ സത്യത്തിൽ അത്രയും നിഷ്ഠയാണ് അതുകൊണ്ടാണ് ഈ അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ സാറിന് പൊതുവെ പറയും ഓ അതൊക്കെ പണ്ഡിതന്മാർക്കുള്ളത് അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കുള്ളത് എന്താണ് എന്താണ് നേരത്തെ പറഞ്ഞത് അതാണ് നമുക്കുള്ളത് നമുക്ക് വേണ്ടതും അദ്വൈതമെന്ന് പറയുന്നത് പണ്ഡിതന്മാർക്ക് വേണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരാണ് പണ്ട ആത്മവിഷയ ബുദ്ധി എസ് സഞ്ചാത സ പണ്ഡിത ഭാഷുകാരൻ എന്ന് പറഞ്ഞു ഈ സത്യത്തെ കുറിച്ച് ബോധമുള്ളവനാണ് പണ്ഡിതൻ അപ്പൊ ഇതെല്ലാം പണ്ഡിതന്മാർക്കുള്ളതാണ് നമുക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ നമ്മളാരായി ആരായി എന്താ ഒരു പേടി നമ്മളാരായി നമ്മളാരായും നമ്മളാരോടും ചോദിക്കേണ്ട നമുക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയെത്തുന്നു ഭാഷകാരം ഇവിടെ പറയുന്നത് സത്യമാണ് വ്യക്തമായും പറയുന്നു അതൊക്കെ അന്യാർത്ഥമാണ് പക്ഷെ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അന്യാർത്ഥമല്ല സത്യത്തെക്കുറിച്ച് പറയുന്നത് സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവന് വേണ്ടി കള്ള കള്ളനോട് സത്യം പറഞ്ഞിട്ട് കാര്യമൊന്നും സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവനോട് സത്യം തന്നെ പറയുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അദ്വൈതത്തിൽ അനുഭവമുണ്ടോ യുക്തിയുണ്ടോ ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകണം നമ്മളതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പുറം നമുക്ക് ബോധ്യപ്പെടും